റിയാലിറ്റി ഷോ നാടകം രചന മരട് രഘുനാഥ് അവതരണം ആകാശവാണി തൃശൂർ നിലയം ശാന്തേട്ടേട്ടേട്ട് ഞാൻ ചോദിച്ചതിന് മറുപടി പറയൂ നീ എന്താ ചോദിച്ചത് കേട്ടില്ലേ സത്യമായി ഞാൻ കേട്ടില്ല എന്താ ചെവിക്ക് വല്ല കുഴപ്പമുണ്ടോ അങ്ങനൊന്നും ഇല്ല പിന്നെന്താ കേൾക്കാതിരുന്നത് ശാന്തേട്ടാ ഏ ഞാൻ ചോദിച്ചിരുന്നു കേൾക്കാതിരുന്നത് എന്തുകൊണ്ടാന്ന് അതോ ഞാനൊരു കാര്യത്തെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുന്നു എന്ത് കാര്യം എത്ര ആലോചിക്കാൻ ഈ വീട് നന്നാക്കുന്നതിനെ പറ്റി ഓ അതായിരുന്നോ ഞാൻ വിചാരിച്ചു എന്തോ വലിയ സംഗതിയാണെന്ന് വീടിന്റെ കാര്യം നിസ്സാരമാണോ മേൽക്കൂരയിലെ ഓടുകൾ പലതും പൊട്ടിപ്പോയി ചുവരുകൾ അങ്ങനെ വിണ്ടുകേറിയിട്ടുമുണ്ട് കഴിയുന്നതും വേഗം പുരം നന്നാക്കിയില്ലെങ്കിൽ അതിന് പണമുണ്ടോ കൈവശം സേവിങ്സ് അക്കൌണ്ടിൽ കുറച്ച് രൂപ പിന്നെ ഞാൻ അപേക്ഷിച്ച ബാങ്ക് ലോൺ പാസ്സായി മിക്കവാറും ഒരാഴ്ചക്കുള്ളിൽ പണം കിട്ടും ബാങ്കിൽ നിന്ന് പണം കിട്ടട്ടെ എന്നിട്ട് വീട് നന്നാക്കുന്ന കാര്യത്തെ കുറിച്ച് ആലോചിക്കാം ഞാൻ ചോദിച്ചതിന് മറുപടി പറയൂ നീ എന്തോന്നാണ് ചോദിച്ചതെന്ന് അറിയാതെ മറുപടി പറയുന്നത് എങ്ങനെയാ എന്താ നീ ചോദിച്ചത് ഇന്നലെ രാത്രി ഞാൻ ഒരു കാര്യം സൂചിപ്പിച്ചിരുന്നില്ലേ ഓർക്കുന്നില്ലേ റിയാലിറ്റി ഷോ ഈ ടി ചാനലുകളിൽ നടക്കുന്ന ആ ആ അത് അതിൽ പങ്കെടുക്കുന്നതിനെ ഞാൻ ചോദിച്ചത് ഓ അതാണോ കാര്യം അതെ എന്താ ശാന്തേട്ട അഭിപ്രായം പഠിച്ചിരുന്ന കാലഘട്ടത്തിൽ ചില നാടകങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ടെന്നല്ലാതെ എനിക്ക് കലയുമായി വലിയ ബന്ധമൊന്നുമില്ല അതുകൊണ്ട് ിയാലിറ്റി ഷോയിൽ പങ്കെടുക്കാൻ ഞാനില്ല ശാന്തായിട്ടല്ലെങ്കിൽ വേണ്ട എനിക്ക് പങ്കെടുത്താൽ കൊള്ളാമെന്നുണ്ട് ഏ നിനക്കോ ഉം എനിക്ക് മോഹമുണ്ട് ആഗ്രഹമുള്ളത് കൊണ്ടായില്ലോ കഴിവ് വേണ്ടേ എന്തു കഴിവ് പാടാൻ ഡാൻസ് ചെയ്യാൻ അഭിനയിക്കാൻ അങ്ങനെ പലതും ചെയ്യാൻ സാധിക്കണം നിനക്കിതൊന്നും അറിയില്ലല്ലോ ഈ പറഞ്ഞതൊക്കെ ആരും ജനിക്കുന്നതിന് മുമ്പ് പഠിച്ചിട്ടോന്നല്ലോ ജനിച്ചതിന് ശേഷം അഭ്യസിച്ച പോരെ എന്നിട്ട് ജനിച്ച് ഇത്രയും കാലമായിട്ടും ഇതിലൊന്നുപോലും അഭ്യസിച്ചില്ലല്ലോ ഇനി പറ്റില്ല എന്നുണ്ടോ ഇനിയോ ഇപ്രായത്തിലോ എനിക്ക് അത്ര അധികം പ്രായമൊന്നും ആയിട്ടില്ല ഉള്ളൂ ഇരുപത്താറ് വയസ്സ് കഴിഞ്ഞ നീ പാട്ടും നൃത്തവും മറ്റും പഠിക്കുകയെന്നു വെച്ചാ നടക്കുന്ന കാര്യമല്ല മോളി ശ്രമിച്ചാ നടക്കും പാട്ടും നൃത്തവും മാത്രമല്ല അഭിനയം കഥകളി ഓട്ടംതുള്ളൽ മിമിക്രി എന്ന് വേണ്ട ഏത് കലയും പഠിക്കാൻ സാധിക്കും നീ വിചാരിക്കുന്ന എളുപ്പമുള്ള സംഗതി അല്ല ഇത് അതൊക്കെ പഠിക്കാൻ നാളെ പഠിപ്പിക്കുന്നവർ ഇടുക്കുള്ളവരാണെങ്കിൽ വളരെ കുറച്ചു ദിവസങ്ങൾക്കകം എല്ലാം വശത്താക്കാൻ പറ്റും യുവജനോത്സവത്തിൽ കലാതിലകം പട്ടം നേടാൻ വേണ്ടി ചില വിദ്യാർത്ഥികളെ ചുരുങ്ങിയ സമയം കൊണ്ട് പല അഭ്യസിക്കാറില്ലേ അതുപോലെ ഞാനും പഠിക്കും പക്ഷെ പഠിപ്പിക്കാൻ പറ്റിയ ആളുകൾ കിട്ടണ്ടേ ആളുകൾ ഉണ്ട് ശാന്താ ആതിര അറിയില്ലേ ആതിര ടീച്ചറോ അതാരാ ആ ഫോസ്റ്റ് ഓഫീസിന്റെ വടക്കു വീട്ടിൽ വാടയ്ക്ക് താമസിക്കുന്ന ഡാൻസ് ടീച്ചറെ മനസ്സിലായി ആ ഭർത്താവ് ഉപേക്ഷിച്ച സ്ത്രീയല്ലേ ഭർത്താവ് അവര് ഉപേക്ഷിച്ചല്ല അവര് ഭർത്താവിന് ഉപേക്ഷിച്ചതാ അയാൾ ആളത്രക്ക് ശരിയല്ലാത്തത് ടീച്ചർ നല്ല സ്ത്രീയെ പക്ഷേ പരിസരവാസികൾക്ക് അവരെ നല്ല അഭിപ്രായമില്ല അവരുടെ സ്വഭാവം മോശമാണെന്നാ പലരും പറയുന്നത് ടീച്ചറോടെ അസൂയുള്ളവരങ്ങനെ പറയുന്നത് അസൂയോ എന്തിന് ആ അവർ നല്ലൊരു നർത്തകിയായതുകൊണ്ട് ഹാ സ്ത്രീ നല്ല നൃത്തക്കാരിയാണോ പിന്നെയല്ലേ ഭരതനാട്യം മോഹിനിയാട്ടം കുച്ചിപ്പുടി എല്ലാം അറിയാം അവർക്ക് നൃത്തം പഠിപ്പിക്കാമെന്ന് ഏറ്റിട്ടുണ്ട് പിന്നെ പിന്നെ അഭിനയം കഥകളി ഓട്ടംതുള്ളൽ മുതലായവ പഠിപ്പിക്കാനുള്ള ആളുകളെ ഏർപ്പാടാക്കി തരാമെന്നും പറഞ്ഞിട്ടുണ്ട് ലളിതഗാനം സിമിറ്റേരിക്ക് അടുത്തുള്ള ലളിത ടീച്ചറുടെ വീടില്ലേ അവിടെ ചെന്നാ പഠിക്കാമെന്നും പറഞ്ഞു പക്ഷെ ഈ പറഞ്ഞതൊക്കെ നിന്നെ പഠിക്കാൻ പറ്റൂ പറ്റും പറ്റണല്ലോ എങ്കിലല്ലേ റിയാലിറ്റി ഷോയ്ക്ക് ഒന്നാം സമ്മാനം കിട്ടേയുള്ളൂ ഒന്നാം സമ്മാനോ നിനക്കോ എന്താ എനിക്ക് കിട്ടില്ലേ എനിക്ക് തോന്നില്ല എന്നാലേ എനിക്ക് തോന്നുന്നുണ്ട് തോന്നിയത് കൊണ്ട് മാത്രം ആയില്ലോ കിട്ടണ്ടേ കിട്ടും ശാന്തട്ടാ എനിക്ക് വിശ്വാസ എനിക്ക് വിശ്വാസം ഉണ്ട് ഉറച്ച വിശ്വാസമുണ്ട് കണ്ടറിയണം മോളെ കാണാമെന്നേ ഞാൻ കോടി കൊയ്ത് കാണിച്ചു കോടി കൊയ്യുമെന്നോ ആ ഒരു കോടി രൂപ വിലമതിക്കുന്ന വില്ലകളും ഫ്ലാറ്റുകളും ഒക്കെയാ പല ബിസിനസ്സുകാരും റിയാലിറ്റി ഷോയ്ക്ക് സമ്മാനമായി സ്പോൺസർ ചെയ്യുന്നത് പക്ഷെ സമ്മാനം കിട്ടാൻ പണിയാണ് പണി പഠിച്ചിട്ട് ഇറങ്ങി തിരിച്ചാൽ തീർച്ചയായിട്ടും കിട്ടും മനസ്സിലായില്ല മനസ്സിലാക്കി തരാം അതായത് പാട്ട് നൃത്തം അഭിനയം കഥകളി ഓട്ടംതുള്ളൽ മിമിക്രി തുടങ്ങിയ എല്ലാ കലകളും പഠിക്കണം അതിനാണല്ലേ എല്ലാ കലകളും പഠിക്കുന്നത് എന്നാലല്ലേ ഏത് പരിപാടിയുടെയും റിയാലിറ്റി ഷോയ്ക്ക് വേണമെങ്കിലും പങ്കെടുക്കാൻ സാധിക്കുള്ളൂ അതുമാത്രല്ല ചില ഷോകളിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിലേ ബഹുമുഖ പ്രതിഭയായിരിക്കണം പങ്കെടുത്താൽ മാത്രം പോരല്ലോ നന്നായി പെർഫോം ചെയ്യുകയും വേണ്ടേ അത് വേണമെന്നില്ല അല്ലാതെ എങ്ങനെയാ മത്സരാർത്ഥികളുടെ പ്രകടനം കണ്ടിട്ടാണല്ലോ പരിപാടി വിലയിരുത്തുന്ന ജഡ്ജസ് മാർക്കിടുന്നത് അവരുടെ മാർക്കിന്റെ അടിസ്ഥാനത്തിലല്ലേ സമ്മാനം നിശ്ചയിക്കുന്നത് അല്ല അല്ലേ അല്ലെന്നേ പിന്നെ എങ്ങനെയാണ് ഒന്നും രണ്ടും മൂന്നും സ്ഥാനമൊക്കെ നിശ്ചയിക്കുന്നത് മത്സരാർത്ഥികൾക്ക് കിട്ടുന്ന എസ് അടിസ്ഥാനത്തിലാ അപ്പോ ഓരോരുത്തരുടെയും പെർഫോമൻസ് കണ്ട് ജഡ്ജസ് ഇടുന്ന മാർക്കിന് വിലയില്ല ഉണ്ടാവില്ലായിരിക്കാം എങ്കിൽ പിന്നെ റിയാലിറ്റി ഷോകളിൽ ജഡ്ജിമാരെ എത്തുന്നതെന്തിനാ വെറും ഷോക്ക് വേണ്ടിയോ എനിക്കറിയില്ല റിയാലിറ്റി ഷോകളിൽ ഏറ്റവും കൂടുതൽ എസ് എം എസ് കിട്ടുന്ന ഒന്നാം സ്ഥാനത്ത് എത്തുക അതെന്ത് കളി അതല്ലേ കളി അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും മത്സരാർത്ഥിയെ ഒന്നാം സ്ഥാനത്ത് എത്തിക്കണമെങ്കിൽ അയാളുടെ പേർക്ക് കുറെ എസ് അയച്ചാ പോരെ മതി പക്ഷെ ലക്ഷ കണക്കിന് വേണ്ടി വരും നമ്മൾ വിചാരിച്ചു നടക്കില്ല എനിക്ക് വേണ്ടി എസ് എം എസ് അയപ്പിക്കാൻ പറ്റിയ ആളെ ആതിര ടീച്ചർ ഏർപ്പാടാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അയാൾ ആ കാര്യം നടത്തിക്കൊള്ളും എങ്ങനെ എങ്ങനെയൊന്നും എനിക്കറിയില്ല കാര്യം നടത്തും അതുമാത്രല്ല എനിക്ക് റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കാൻ ആവശ്യമായ എല്ലാ കാര്യങ്ങളും അയാൾ നോക്കിക്കൊള്ളാമെന്നും ടീച്ചർ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഒരു കാര്യം ണം ചെലവാക്കേണ്ടി വരും എസ് എം എസ് ചാർജിനല്ലേ അതിന് മാത്രല്ല ഡാൻസ് പാട്ട് ഓട്ടംതുള്ളൽ കഥകളി തുടങ്ങിയ കലാപരിപാടികൾ അഭ്യസിക്കണ്ടേ എല്ലാത്തിനും കൂടി സാമാന്യം നല്ലൊരു തുക തന്നെ വേണ്ടിവരില്ലേ ഏ വേണ്ടിവരും അതിനെന്താ ചെയ്യ ശാന്തേട്ട സേവിംഗ് അക്കൌണ്ടിൽ കുറെ രൂപയില്ലേ പിന്നെ ബാങ്കിലോന്ന് ഉടനെ കിട്ടുമല്ലോ അത് വീട് റിപ്പയർ ചെയ്യാനുള്ളതാണ് ആ കാര്യത്തിനുള്ള പണം ഈ കാര്യത്തിനുപയോഗിച്ചാലോ ഇക്കാര്യം കഴിഞ്ഞിട്ട് മതി അക്കാര്യം അതിനിടയിൽ പുര ഇടിഞ്ഞു വീണാലോ പോകുന്നെങ്കിൽ പോട്ടെ റിയാലിറ്റി ഷോയിൽ ഒന്നാം സമ്മാനമായി കിട്ടുന്ന വില്ല ഒന്നാം സമ്മാനം കിട്ടിയില്ലെങ്കിൽ സാരമില്ല രണ്ടാമത്തേതോ മൂന്നാമത്തേതോ കിട്ടിയാലും മതിയായിരുന്നു ഒന്നാം സമ്മാനം തന്നെ കിട്ടും കിട്ടും ഞങ്ങളുടെ പറഞ്ഞ അമ്മ കേട്ടല്ലേ ഉം എല്ലാം ഞാൻ വാതിലിനപ്പുറത്ത് വന്നുകൊണ്ട് കേട്ടു അമ്മക്ക് മറ്റുള്ളവർ സംസാരിക്കുന്നു ഒളിച്ചു കേൾക്കുന്ന പോയി വില്ല കൊണ്ടുവരു അത്രേല്ല എന്ത് വില്ലായാലും നനക്ക് കിട്ടില്ല അത് വല്ലത് കിട്ടണമെങ്കിലേ കഴിവ് വേണം അമ്മേക്കട കഴിവുണ്ടത്രയാൾക്ക് കല്യാണം കഴിഞ്ഞിട്ട് കൊല്ലം മൂന്നായി ന്യായപ്രകാരം രണ്ട് മക്കളെ പ്രസവിക്കേണ്ട സമയമായി പക്ഷേ ഒന്നിനെയെങ്കിലും നീ പ്രസവിച്ചോ ഇല്ല എന്നിട്ട് പറയണത് കേട്ടില്ലേ കൈവണ്ടെന്ന് അമ്മ പറയുന്ന കുത്തൊക്കെ കേട്ടില്ലേ ശാന്തേട്ട ഞാൻ പ്രസവിക്കാത്തത് എന്റെ കുറ്റം കൊണ്ടാണോ അല്ലടി എന്റെ കുറ്റം കൊണ്ടാണ് അമ്മേ ഒന്നും അല്ലെങ്കിലും നിന്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞാൻ മുണ്ടണെന്നും പറയണതും ഒന്നും നിനക്കിഷ്ടല്ലോ നിനക്ക് വേണ്ടി ഞാൻ എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് അറിയാമോ ഓ തുടങ്ങി പഴംപുരാണം നീ മുണ്ടരുത് എടാ ശാന്ത നിനക്ക് ഓർമ്മയുണ്ടോടാ എന്ത് നിനക്കൊരു വയസ്സുണ്ടായിരുന്നപ്പോ കരപ്പം വന്ന നിന്നെ ഞാൻ കോരപ്പൻ വൈദ്യരുടെ അടുത്ത് കൊണ്ടുപോയി മരുന്ന് മേടിച്ചതും പിന്നെ ഓ ഇതൊരു നൂറ് തവണ പറഞ്ഞിട്ടുണ്ട് പിന്നെ നിന്നോട് മുണ്ടേതെന്ന് പറഞ്ഞില്ലേ ഞാൻ എന്റെ മകനോട് എനിക്ക് കേൾക്കണ്ട കേൾക്കണം നിനക്ക് എട്ടു മാസം പ്രായമുള്ളപ്പോ ോളത്തിട്ടുകൊണ്ട് ഞാൻ കൊല്ലം പറമ്പില് വൈദ്യന്റെ വീട്ടിൽ പോയത് നീ മറന്ന ഓർമ്മ മറക്കാൻ നിന്നോടല്ല പറഞ്ഞത് ആരോടായാലും പറയുന്ന ഒരു ഔചിത്യം വേണം നീ എന്നെ ഔചിത്യം പഠിപ്പിക്കണ്ട എത്ര പഠിപ്പിച്ചാലും പഠിക്കില്ലല്ലോ മോളി നീയൊന്നും അതെ ഞാൻ പറയട്ടെ ഞാൻ ഇന്നാലും എങ്ങനെയാ പറയാനുള്ളത് പറയണ്ടേ അഞ്ചു മാസം പ്രായമുള്ളപ്പോ ി വന്നപ്പോ പഞ്ചായത്ത് ഓഫീസിന് അടുത്തുള്ള ഹോമിയോ ഡോക്ടറുടെ അടുത്ത് നിന്നെ ഞാൻ കൊണ്ടു അയാൾ ചികിത്സിച്ചു ഇല്ല നാട്ടുവൈദ്യനെ കാണിക്കാൻ പറഞ്ഞ് തിരിച്ചയച്ചു എന്നിട്ട് വല്ല നാട്ടുവൈദ്യനേം കാണിച്ചായിരിക്കും വല്ല വൈദ്യനെയല്ല കാണിച്ചത് കൊല്ലൻ വൈദ്യന്റെ അടുത്തു കൊണ്ടുവന്നു അയാൾ മരുന്ന് തന്നു മരുന്ന് തന്നില്ല മരുന്നിനെ കുറിച്ച് തന്നു കുറിപ്പടിയും കൊണ്ട് ഞാൻ പൊരിവെയിലന്ന് മരുന്ന് കടയിൽ ചെന്ന് മരുന്നും വാങ്ങി എന്നിട്ട് അതുമായി വീട്ടിൽ വന്നു എന്നാ പിന്നെ ഞാൻ പറയുന്നത് എന്തിനാ നീ തന്നെ പറഞ്ഞു ഇതൊക്കെ പറഞ്ഞുകൊണ്ട് എന്താ പ്രയോജനം കഴിഞ്ഞത് കഴിഞ്ഞു എന്ന് വെച്ച അതെല്ലാം മറക്കുന്നത് ശരിയല്ല അമ്മക്ക് ഇപ്പൊ എന്താ വേണ്ടത് കഴിഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ ഓർമ്മിച്ചെടുക്കണോ അത് വേണോന്നില്ല പിന്നെന്താ വേണ്ടത് ഇവിടെ റിയാലിറ്റി ഷോ അയക്കരുത് അപ്പൊ അതാണ് കാര്യം എന്നാലേ ഞാൻ പോവൂ പോകാൻ ഞാൻ സമ്മതിക്കില്ല എന്റെ ഭർത്താവിന് സമ്മതമാണെങ്കിലോ നിന്റെ ഭർത്താവ് മാത്രമല്ലല്ലോ ആണായിട്ട് ഈ വീട്ടിലുള്ളത് അവന്റെ അച്ഛൻ ഒരു പുരുഷനാണ് നീ റിയാലിറ്റിക്ക് പോകുന്നത് അങ്ങനക്ക് ഇഷ്ടമല്ലെങ്കിലോ അച്ഛന് ഇഷ്ടക്കുറവൊന്നുണ്ടാവില്ലേ എന്ന് നീ പറഞ്ഞോണ്ടായോ ഞാൻ അങ്ങേരോടൊന്ന് ചോദിച്ചു നോക്കട്ടെ ായിരുന്നു സ്വപ്നോ ഞാൻ സ്രാങ്ക് ആയി ജോലി ചെയ്തുകൊണ്ടിരുന്ന ബോട്ട് ഓടിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരു പുലിമുട്ടിൽ ചെന്ന് ഇടിച്ചെന്ന് സ്വപ്നം കണ്ടു ഹോ നിങ്ങൾ സ്രാങ്ക് നിർത്തിയിട്ട് കൊല്ലം കൊറേ എന്നിട്ട് ഇപ്പോഴും ബോട്ട് ഓടിക്കുന്നതായി സ്വപ്നം കണ്ടോണ്ടിരിക്കാണോ എന്തിനാറിഞ്ഞോ ഒരു കാര്യം അറിഞ്ഞോന്ന് അറിഞ്ഞില്ല എന്തറിഞ്ഞില്ലെന്ന് എന്തറിഞ്ഞോന്നാ ചോയ്സ് അവൾ ഒരു ഷോയ്ക്ക് പോകുന്നത് അറിഞ്ഞോന്ന് ആര് മോളിയോ ആ കാളി റിയാലിറ്റി ഷോയ്ക്ക് പോണത്രേ എന്താ ചിരിക്കടത് എടി പോയാലിറ്റിയല്ല പിന്നെന്താ റിയാലിറ്റി റിയാലിറ്റി ഷോ എന്ത് കൊന്തായാലും അവൾ അതിന് പോണുന്ന് ശാന്തൻ സമ്മതിച്ചോ ആ കോന്തൻ അവള് പറഞ്ഞാ സമ്മതിക്കാതിരിക്കോ അവന് സമ്മതമാണെങ്കിൽ അവള് പോട്ടെ നമുക്കെന്താ എന്താണെന്നോ അതിന് പോണെങ്കിലേ രൂപ കൊറ ചെലവാക്കേണ്ടി വരും ശാന്തം ചെലവാക്കിക്കൊള്ളും അവന്റെ കയ്യിലുള്ള കാശ് ഈ വകയ്ക്ക് ചെലവാക്കിയാൽ പെര നന്നാക്കാൻ എന്തു ചെയ്യും ഉടനെ നന്നാക്കിയില്ലെങ്കിൽ ചെലപ്പോ പെര ഇടിഞ്ഞു വീഴും അതുകൊണ്ട് അവളോട് റിയൽറ്റിക്കൊന്നും പോകാതെ അടങ്ങി ഒതുങ്ങി വീട്ടിലിരിക്കാൻ പറയോ എന്തോന്നും ഉണ്ടാക്കത് അപ്പഴേ തുറക്കം പിടിച്ചല്ലോ ഇങ്ങനെ ഉണ്ടോ ഒരു കുംഭകർണ സേവ ഉറങ്ങാനല്ലാതെ ഈ മനുഷ്യനെ ഒന്നിനും കൊള്ളില്ലല്ലോ ഭഗവതി തത്തേ താഹി താഹ താഹി ൂടി ചെയ്യും മോളി അയ്യോ എന്നെ കൊണ്ട് വയ്യ ടീച്ചർ വേണോ ടീച്ചർ ഇനി ആ വേണം റെഡി വൺ ടൂ ത്രീ താഹ് എന്താ എത്തിക്കളഞ്ഞത് യ്യേ ടീച്ചർ എന്തു പറ്റി മോണി എന്താ പ്രശ്നം ഹേ പ്രശ്നമൊന്നുമില്ല ഓ വല്ലാത്ത ക്ഷീണം അത്രേ ഉള്ളു ചുവടെ വെച്ചു പരിചയമില്ലാത്തത് കൊണ്ടാണ് കുറച്ച് ദിവസം കഴിയുമ്പോ ശരിയായിക്കോളൂ ഇനി ഇത്രയും പോരേ ടീച്ചർ മതി ചില ശരി എന്നാ ഇനി ഞാൻ പോട്ടെ നാളെ കുറെ കൂടി നേരത്തെ വരാം കാപ്പി കുടിച്ചിട്ട് പോയ പോരടിച്ചു വന്നപ്പോ കുടിച്ചല്ലോ ഇനി വേണമെന്നില്ല ഒരു ഗ്ലാസ് കാപ്പിയും കൂടെ കുടിക്കുന്നു ഏ കൂട്ടി ഈ ചേട്ടനെ ഏതാ മോളി എന്റെ ഫാദർ ലോയാണ് അതെ ലോയാണ് സ്മാർട്ടാണോ അല്ല ശ്രാങ്കാണോ ശ്രാങ്കോ എന്ന് വെച്ചാൽ ബോട്ട് ഓടിക്കുന്ന ആളെ ഓ ഐസിലല്ല വെള്ളത്തി പുഴയിലും കായലിലും മറ്റും ഇപ്പോഴും ഓടിക്കാറുണ്ടോ ഇല്ല ഞാൻ ഓടിച്ചുകൊണ്ടിരുന്ന ബോട്ടിന്റെ ക്രാങ്ക് ഓടിഞ്ഞപ്പോ സ്രാങ്ക് പണി നിർത്തി ആ മോളെ എന്താ ടീച്ചർക്ക് കാപ്പി ഓ വേണ്ട വേണം ചെന്ന് കൊണ്ടുപോവാളെ ആ ഇപ്പൊ കൊണ്ടു ആ ടീച്ചറുടെ വീട് എവിടെയാ ഓ എന്നെ ടീച്ചറിൽ നിന്നൊന്നും വിളിക്കണ്ട പിന്നെന്തൊന്ന് വിളിക്കണം ആതിരയെന്ന് അതാണ് എന്റെ പേര് ആതിര കുള നല്ല പേര് പോലെ തന്നെ ആളും നല്ലതാ ചേട്ടൻ എന്റെ പെർഫോമൻസ് കണ്ടിട്ടുണ്ടോ അത് കണ്ടില്ല ഡാൻസ് കണ്ടു ഏ ആതിര മോളിയെ പഠിപ്പിക്കാൻ വേണ്ടി ഡാൻസ് ചെയ്ത് കാണിക്കുന്നത് ജനൽകൾ കൂടി നോക്കിക്കൊണ്ട് ഞാൻ മുറിക്കു പുറത്ത് നിൽപ്പുണ്ടായിരുന്നേ എന്റെ പുറത്ത് നിന്നത് അകത്ത് കടന്നിരുന്നു ആതിലക്ക് ഇഷ്ടമായില്ലെങ്കിലോന്ന് കരുതിയാണ് അകത്തേക്ക് വരാതിരുന്നത് എനിക്കിഷ്ടമാണ് എന്നാൽ ഇനി മുതൽ ആതില് ഡാൻസ് പഠിപ്പിക്കുമ്പോ ഞാൻ അകത്ത് വന്നിരിക്കാം ഇരിക്കണം ഇരിക്കാൻസ് പഠിക്കാൻ വലിയ ബുദ്ധിമുട്ടാണല്ലേ ബുദ്ധിമുട്ടൊന്നും എന്താ പഠിക്കണോ അയ്യ ഡാൻസ് ോട്ട് വന്നത് എന്തിനാണ് എന്നാ രണ്ടുപേരും തമ്മി പറഞ്ഞതല്ല ഞാൻ വാതലിന്റെ മറവിൽ നിന്ന് കേട്ടു നിന്നോട് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടില്ലേ മറ്റുള്ളവർ സംസാരിക്കുന്നത് വേലക്കാരിയെ നിലക്കി നിർത്തിയില്ലെങ്കിലേ വാതിലിന്റെ മറവിൽ നിൽക്കും ഞാൻ ഇവിടെ വേലക്കാരിയല്ല പിന്നെ ആരാ ചേട്ടാ ഈ തള്ള ഏതാണ് എന്റെ ഭാര്യയാണ് ഓ സോറി എന്ത്ോറിവീ നീ വെറുണ്ടാക്കരുത് കൊറച്ചു മുമ്പേ നിങ്ങൾ ഈ ആട്ടക്കാരിയോടെ എന്താ പറഞ്ഞത് അല്ലേ കൂമ്പുളങ്ങോ മനുഷ്യ മുടി നരച്ചത് എന്നെ കേടു ഞക്ക് വയസ്സനൊന്നും അല്ല ആര് പറഞ്ഞു അല്ലെന്ന് പത്തറുപത് വയസ്സായില്ലേ ഞങ്ങക്ക് എനിക്ക് അറുപതൊന്നും ആയിട്ടില്ല കേട്ടോ ആതിരെ ൊമ്പത് കഴിഞ്ഞിട്ടേ ഉള്ളൂ പറ എന്റെ അഭിപ്രായത്തിൽ നിന്റെ അഭിപ്രായം ഇവിടെ ആരും ചോദിച്ചിട്ടില്ല ആ ഇന്നത്തെ ഡാൻസ് പഠിപ്പിക്കഴിഞ്ഞില്ലേ ഓ കഴിഞ്ഞു ആ എന്നാ വേഗം സ്ഥലം ഇടു പോപ്പി കുടിച്ചിട്ട് പോയാ മതി കാപ്പി വേണ്ട ചായയും വേണ്ട അവൾ അവളുടെ പാട്ടിൽ പോട്ടെ എന്താ നോക്കൂത്തി നോക്കി നിൽക്കാനെ പോന്നി ഞാൻ പോവാണ് ആ എന്നാ പോ ചേട്ടാ എന്തോ ബൈ ബൈ അവളുടെ ചന്തം നോക്കി വായു പൊളിച്ചോണ്ട് നിങ്ങാതെ പോയി കിടന്നു വയ്ക്കുന്ന വരുമെന്ന് തോന്നുന്നു എന്താ കാര്യം ഓ അവളുടെ നടപ്പ് കണ്ടപ്പോ നിങ്ങളുടെ മനസ്സിൽ വല്ല കിരുകിരിപ്പും ഉണ്ടായോ ഇല്ല പിന്നെന്താണ് തുറന്ന് പറയേ ഒന്നുമില്ല ദേവകി അങ്ങനെയല്ല എന്തോ ഉണ്ട് നിങ്ങളുടെ മനസ്സിൽ സംശയിക്കേണ്ട ദേവകി എന്റെ മനസ്സിലൊന്നുമില്ല ശുദ്ധമാണ് ഞാൻ പരിശുദ്ധനായ മനുഷ്യനാണ് നിങ്ങൾ അതെ ഞാൻ പരിവൃതനാണ് ഞാൻ വിശ്വസിക്കുന്നില്ല ദൈവത്തെ ഓർത്ത് എന്നെ വിശ്വസിക്കണം ഇത്രയും കാലത്തിനിടയ്ക്ക് ഒരിക്കൽ പോലും എന്റെ ചാരിത്രം നഷ്ടപ്പെട്ടിട്ടില്ല ഞാൻ കളങ്കപ്പെട്ടിട്ടില്ല കളങ്കപ്പെട്ടിട്ടില്ലെന്നോ ഇല്ലെന്ന് ഒരു പെണ്ണും എന്നെ പിഴപ്പിച്ചിട്ടില്ല പക്ഷേ നിങ്ങളൊരു പെണ്ണിനെ പിഴപ്പിച്ചിട്ടുണ്ട് ആ സ്രാങ്ക് ആയി ജോലി അവസരത്തിൽ ബോട്ട് കടവിനടുത്തുള്ള വീട്ടിൽ താമസിച്ചിരുന്ന ഒരു പാവം പെണ്ണ് അവളെ പിഴപ്പിച്ചത് ഞാനല്ല നിങ്ങളാണെന്നാണല്ലോ പറഞ്ഞു കേട്ടത് ഏത് ദുഷ്ടനാ നിന്നോട് ആള് പറഞ്ഞത് ആരായാലും അത് നുണയാണ് പച്ച നുണയാണോന്ന് എനിക്കറിയില്ല പറഞ്ഞത് എനിക്ക് വിശ്വാസം ഉള്ള ഒരാളാണ് പക്ഷെ നീ വിശ്വസിക്കരുത് നിന്റെ കൊക്കിൽ ജീവനുള്ള കാലത്തോളം നീ വിശ്വസിക്കരുത് ഉം എന്താ ഒരു വെപ്രാണോ ആ അത് ശരീരം തണുത്തതുകൊണ്ടാ ശരീരം തണുത്താലോ അങ്ങനെയാ വേർക്കുന്നത് അല്ല തണുത്താ വേർക്കും എന്താണൊരു വശപ്പശക് ഒന്നില്ല ടീച്ചർ പോയോ എന്താ ടീച്ചർക്ക് ഞാൻ കാപ്പി കൊണ്ടുവന്നതാ ഇങ്ങാ ഞാൻ കൂടിച്ചോളാം േ എന്താ സ്രാങ്ക് വേലായുധന്റെ വീട് ഇതല്ലേ അതെ ഞാനാണ് വേലായുധൻ ഓഹോ നമ്മൾ ആരാണ് ഞാൻ കൊച്ചപ്പൻ കൊച്ചിൻ കൊച്ചപ്പൻ കൊച്ചിയിലെവിടെയാണ് കൊച്ചപ്പൻറെ വീട് എന്റെ വീട് കൊച്ചിയിലല്ല വിശാല കൊച്ചിയിൽ കാക്കനാട് എന്ന സ്ഥലത്താണ് എങ്കിൽ കാക്കനാട് കൊച്ചപ്പൻ എന്ന് പറയരുതോ അത് കേൾക്കാൻ ഒരു രസമില്ല മാത്രമല്ല എന്റെ ജോലിക്ക് നല്ലത് കൊച്ചി പേരാണ് എന്താ ജോലി എനിക്കങ്ങനെ പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല ടി വി നടത്തുന്ന റിയാലിറ്റി ഷോയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളാണ് എന്തെല്ലാം പ്രവർത്തനങ്ങള് ആണ് പ്രധാനമായും കയ്യടിക്കാരെ സംഘടിപ്പിക്കലാണ് കയ്യടിക്കാരൻ ആ റിയാലിറ്റി ഷോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഓരോ പരിപാടികൾ കഴിയുമ്പോഴും കൈയടിക്കാൻ കുറെ ആളുകൾ വേണം അതിനു പറ്റിയവരെ തേടി പിടിച്ച് സപ്ലൈ ചെയ്യാറുണ്ടായാൽ പിന്നെന്താ പരിപാടി റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കുന്ന മത്സരാർത്ഥികളുടെ പേർക്ക് ആളുകളെ കൊണ്ട് എസ് അയപ്പിക്കൽ അതുകൂടാതെ ഷോക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരെ സജ്ജമാക്കൽ ലജ്ജ മാറ്റുന്നതിനേ സജ്ജമാക്കുന്നെന്ന് പറയുന്നത് പരിപാടിക്ക് സ്റ്റേജിൽ കേറുമ്പോൾ ഉണ്ടാകുന്ന നാണം മാറ്റുന്ന പ്രക്രിയ ക്രിയയും പ്രക്രിയയും ഒന്നും അല്ല പിന്നെന്താ പറഞ്ഞാൽ ശ്രാങ്കുചേട്ടന് അത് മനസ്സിലാവില്ല അതിരിക്കട്ടെ ഈ വീട്ടിലെ മമ്മൂടി ചേച്ചി എന്ന ചേച്ചി റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കുന്നുണ്ടല്ലോ ഉണ്ട് ആ ചേച്ചിയെ ഒന്നിങ്ങോട്ട് വിളിക്കൂ സജ്ജമാക്കാനാണെങ്കിൽ അവൾ ഇപ്പോൾ ഇവിടെ ഇല്ല എവിടെ പോയി അറിയില്ല എന്റെ ഭാര്യയോട് ചോദിച്ചു നോക്കട്ടെ ദേവഗി ദേവഗി ദേവഗി ഞാൻ പോയിട്ടൊന്നുമില്ല ഇവിടെ ഉണ്ട് ഇങ്ങനെ ഏ എന്തിനാണ് എന്നോട് ഇങ്ങോട്ട് കെട്ടിയെടുക്കാൻ പറഞ്ഞത് മോളി എവിടെ പോയിരിക്കുന്ന ചോദിക്കാൻ അത് എന്നോട് ചോദിച്ചിട്ടെന്താ ആ കാളി എവിടെ പോയെന്ന് എനിക്ക് അറിഞ്ഞൂടാ ഇപ്പൊ അന്വേഷിക്കുന്നത് എന്തിനാണ് ഇയാള് പറഞ്ഞിട്ടാണ് മോളിയെ സജ്ജമാക്കാൻ വന്നിരിക്കുക എന്താ അത് പറഞ്ഞാ നിനക്ക് മനസ്സിലാവില്ല എന്നാലും പറ കേൾക്കട്ടെ ഉണ്ട് മനസിലായി മനസ്സിലായി ആയല്ലോ ആയെന്നേ പക്ഷേ ഇയാൾ ആരാണെന്ന് മനസ്സിലായില്ല മനസ്സിലായില്ലോ ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ ഞാൻ കൊച്ചപ്പനാണ് എന്നറിയില്ലേ ആൾ ആരാണെന്ന് പറയാതെ കൊച്ചപ്പനും വലിയപ്പനും ഒക്കെ പറഞ്ഞാൽ ഞാൻ എങ്ങനെ മനസ്സിലാക്കൂ ചേച്ചി ഓർത്തു നോക്കിയേ നമ്മൾ മുമ്പ് കണ്ടിട്ടില്ലേ പലതവണ കണ്ടിട്ടുണ്ട് പരിചയപ്പെട്ടിട്ടുമുണ്ട് അപ്പോ പരിചയക്കാരാണല്ലോ പിന്നല്ലേ ഞങ്ങൾ പഴയ പരിചയക്കാരാണ് എങ്കി നിങ്ങൾ തമ്മിൽ സംസാരിക്കി ഞാൻ പോയേക്കാണെന്ന് ദേവി ചേച്ചി പണ്ടത്തേതിൽ നിന്നും വളരെ മാറിപ്പോയി മുടി മുഴുവനും നരച്ച് കവിളൊട്ടി കിളവിയെ പോലെയായി എന്തുപറ്റി ണ്ടോ എനിക്ക് തൂക്കാടൊന്നും ഇല്ല അല്ല നമ്മൾ തമ്മിൽ എവിടെ വെച്ചാ പരിചയപ്പെട്ടെന്ന് പറഞ്ഞത് ഇത്ര നേരമായിട്ടും അത് ഓർമ്മ ഇല്ല ചേച്ചി തൃപ്പങ്ങോട്ട് സ്കൂളിൽ കുറെ നാൾ സീപ്പറായി ജോലി ചെയ്തില്ലേ ഒവ് എന്റെ കല്യാണത്തിന് മുമ്പ് ടെംപ്രവരിയായി മൂന്ന് മാസം ഞാനപ്പോ അവിടെ പഠിക്കുന്നുണ്ടായിരുന്നു ഇപ്പോർമ്മ വന്നു ഓ അവിടെ കൊറേ കുട്ടികൾ പഠിക്കുന്നുണ്ടായിരുന്നല്ലോ എല്ലാവരെയും ഓർക്കുന്നത് എങ്ങനെ എല്ലാവരെയും പോലെയല്ലല്ലോ ഞാൻ ചേച്ചിയുടെ ഹംസമായിരുന്നില്ലേ ഈ ഉള്ളവൻ ഹംസനോ ഹംസനല്ല ചേച്ചി ഹംസം ചേച്ചിയും സ്കൂളിലെ പ്യൂൺ കൃഷ്ണൻകുട്ടി ചേട്ടനും തമ്മിൽ പ്രേമലേഖനം കൈമാറിയിരുന്നത് ഞാൻ വഴിയായിരുന്നില്ലേ ചേച്ചി എന്തൊക്കെയാ കത്തുകളിൽ എഴുതിയിരുന്നത് കാണന്റെ പ്രാണായ കൃഷ്ണൻ കുട്ടിച്ചേട്ടാ അങ്ങില്ലാത്ത ജീവിതം ഉപ്പില്ലാത്ത ഉപ്പുമാവ് പോലെയാണ് പുളിയില്ലാത്ത പുലിശ്ശേരി പോലെയാണ് എന്റെ ഭർത്താവ് കേട്ടാൽ ഓ സോറി ഞാൻ ആ കാര്യം ഓർത്തില്ല ദേവ് ചേച്ചി സ്കൂളിൽ നിന്ന് പോന്നതിന് ശേഷം പിന്നീട് എപ്പോഴെങ്കിലും കൃഷ്ണൻകുട്ടിച്ചേട്ടനെ കാറുണ്ടായോ ഇല്ല കഴിഞ്ഞ കാര്യങ്ങൾ ഓർക്കാറുണ്ടോ ഓർത്തിട്ട് എന്ത് ഫലം ഞാനതെല്ലാം മനസ്സിൽ വിട്ടുകളഞ്ഞു പക്ഷേ കൃഷ്ണൻകുട്ടിച്ചേട്ടൻ വിട്ടിട്ടില്ല ഈയിടെ കണ്ടപ്പോ പുള്ളിക്കാരും ചേച്ചിയുടെ കാര്യം ചോദിച്ചു കഴിഞ്ഞ കാര്യങ്ങൾ പലതും പറഞ്ഞു നിർത്തു പശുവും ചും പൂളിയും കെട്ടു എന്നാലും നിർത്താനല്ലേ പറഞ്ഞത് ആരാ കൃഷ്ണൻകുട്ടി നിങ്ങൾ ഇതേ വരെ ഉറങ്ങിയില്ലേ ഇല്ല ഏത് കൃഷ്ണൻകുട്ടിയുടെ കാര്യമാണ് ഇവിടെ പറഞ്ഞത് ഇവിടെ ഒരു കൃഷ്ണൻകുട്ടിയുടെയും ഗോവൻകുട്ടിയുടെയും കാര്യം പറഞ്ഞില്ല പറഞ്ഞു ഞാൻ കേട്ടല്ലോ കൊച്ചപ്പാ എന്തോ ആരായി കൃഷ്ണൻകുട്ടി ഏ ഏ ഇങ്ങനല്ല ഇനീഷ്യൽ കേ എന്നാണ് കെ കൃഷ്ണൻകുട്ടി കെ യോ പിഒ എന്തുമായിക്കോട്ടെ ആളാണെന്ന് പറ ആള് അജോ ദേ മോളി പടി വരുന്നു ഇതാണല്ലേ മോളി ചേച്ചി അതെ എന്റെ മകന്റെ ഭാര്യയാണ് ചേച്ചി ഞാൻ കൊച്ചപ്പനാണ് കൊച്ചിൻ കൊച്ചപ്പൻ ആതിരി ടീച്ചർ പറഞ്ഞതല്ലേ അതെ വരൂ നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം നീ അങ്ങനെ എളുപ്പം ചാവുന്ന കൂടത്തിൽ അല്ലെന്ന് എനിക്കറിയാം എന്തിനാ വിളിച്ചു കാണാൻ എന്താ ഇതേവനെ കണ്ടിട്ടില്ലേ എന്താ വിളിച്ചു ഒരു കാര്യം ചോദിക്കാനാ എന്ത് കാര്യം അവൻ പോയോ ഏവൻ മോളിയെ അന്വേഷിച്ചു വന്നവനെ പാപ്പച്ചൻ പാപ്പച്ചനല്ല പൊച്ചപ്പൻ ഏതച്ചിന് ആവട്ടെ പോയോ അവൻ പോയി എന്തു പറഞ്ഞിട്ടാണ് പോയത് എന്നോടൊന്നും പറഞ്ഞില്ല നിന്നോട് പറഞ്ഞോന്നല്ലോളിയോട് അവൻ എന്താ പറഞ്ഞു അതെ എന്നോട് ചോദിക്കുന്നത് എന്തിനാണ് അവളോട് എന്ന് ചോദിക്ക് ഒരു മുടിഞ്ഞ റിയാലിറ്റി ഷോ കാരണം ഈ കുടുംബം നശിക്കുന്നവട്ടാ കുടുംബം എങ്ങനെ നശിക്കുമെന്നാ അവൻ നശിപ്പിക്കും ആര് കൊച്ചപ്പനോ ആ അവനെ നിങ്ങൾക്ക് ശരിക്കും അറിഞ്ഞൂടാ പെണ്ണു പിടിയനാണവൻ മനസ്സിലായി അവൻ പെണ്ണു പിടിയനാണെന്ന് ആളുകൾ പറഞ്ഞു എനിക്കറിയാം അവനെ കുടുംബത്തിൽ കയറ്റാൻ കൊള്ളില്ല കല്യാണപ്രായ ഒരു മകൾ നമുക്കുണ്ടെന്ന കാര്യം നിങ്ങൾ മറക്കരുത് കൊച്ചപ്പൻ അവളെ കണ്ടാൽ പ്രശ്നമാവും പക്ഷെ കാണില്ലല്ലോ അവൾ കോളേജ് ഹോസ്റ്റലല്ലേ താമസിക്കുന്നത് അവധി ദിവസങ്ങളിൽ അവൾ ഇവിടെ വരാറില്ലേ അപ്പോ കൊച്ചപ്പനുമായി ഇടപെടാതെ നോക്കിയാ ഓ എങ്ങനെയൊക്കെ നോക്കിയാലും തരം കെട്ടിയാൽ അവൻ അവളെ മങ്ങണി വർത്തമാനം പറഞ്ഞ് വശത്താക്കും അതുകൊണ്ട് മേലാൽ കൊച്ചപ്പനെ ഈ പടിക്കകത്ത് കേറ്റരുത് എന്ന് അമ്മ പറഞ്ഞുകൊണ്ട് മാത്രായില്ല മറ്റുള്ളവർക്കും കൂടി തോന്നണ്ടേ ആരാടി മറ്റുള്ളവര് ഞാനും എൻറെ ഭർത്താവും ഓ അവലും അവളുടെ ഒരു പരത്താവും തുടങ്ങി ഇനി ഇവിടെ നിന്നാ ശരിയാവില്ല പോയി കിടന്നുറങ്ങുന്നതാണ് നല്ലത് പിന്നെ റിയാലിറ്റി ഷോയ്ക്ക് വേണ്ട ആവശ്യമായ എല്ലാ സഹായം ചെയ്യാനുള്ള ആളാ കൊച്ചപ്പൻ അയാള് പഠിക്കു കേട്ടരുതെന്ന് പറഞ്ഞ പറഞ്ഞാല് എന്താ പറയരുത് അത്ര തന്നെ എന്തുകൊണ്ടാ കൊച്ചപ്പനെ പഠിക്കു കേറ്റരുതെന്ന് പറയുന്നത് എനിക്ക് മനസ്സിലായി രഹസ്യേ പരസ്യമാവെന്ന് പേടിച്ചിട്ടല്ലേ എന്ത് രഹസ്യം അമ്മയും കൃഷ്ണൻകുട്ടി എന്നൊരാളും തമ്മില് കൊച്ചപ്പൻ എന്നോട് എല്ലാ കാര്യം പറഞ്ഞിട്ടുണ്ട് അച്ഛൻ അറിയിക്കണം അരുത് കോലാഹരം ഉണ്ടാകും കുടുംബസമാധാനം നശിക്കും കുടുംബത്തിലെ സമാധാനം നിലനിൽക്കണം കൊച്ചപ്പൻ ഇവിടെ വരുന്നതിനെ എതിര് പറയരുത് ഇല്ല പറയില്ല ആതിരെ ടീച്ചർ വരുമ്പോ കാപ്പി ഉണ്ടാക്കി കൊടുക്കാം വരുമ്പോ മാത്രല്ല പോകുമ്പോഴും കൊടുത്തോളാം ഞാൻ റിയാലിറ്റി ഷോക്ക് പോകുന്നതിൽ ഉടക്കുണ്ടാക്കോ ഇല്ല സത്യം മരിച്ചുപോയ എന്റെ അച്ഛനാണ് സത്യം മരിച്ച ആളുടെ പേരിലാണ് ഇട്ടിട്ട് ജീവിച്ചിരിക്കുന്ന ആരുടെ പേരെങ്കിലും സത്യം ചെയ്യും എന്റെ സ്വന്തക്കാരും ജീവിച്ചിരിപ്പില്ല എങ്കിലും ഏറ്റവും ഇഷ്ടമുള്ള ആരുടെങ്കിലും പേരിലായാലും മതി ആ കൃഷ്ണൻകുട്ടിച്ചേട്ടനാണേ സത്യം ശരി അങ്ങേറെ ഇപ്പോഴും അമ്മയ്ക്ക് ഇഷ്ടാണല്ലേ ആളെങ്ങനെ സുന്ദരനാണോ ഉം ഞങ്ങൾ പരിചയപ്പെടുമ്പോ കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു എങ്ങനെയാണെന്ന് അറിയില്ല ഇപ്പൊ കാണണെന്ന് ആഗ്രഹം ഓ ഇല്ല അതെന്താ ഇനി കണ്ടത് കൊണ്ട് പ്രയോജനമില്ലല്ലോ ഇന്നത്തെ ഉച്ച തൃപ്തി ആയില്ല എന്നിട്ടാണോ ആന ചിഹ്നം വിളിക്കുന്നത് പോലെ ഏമ്പക്കം വിട്ടത് വയറ് നിറഞ്ഞില്ല ഇനി വയറു നിറച്ച ഉണ്ണൽ നടക്കില്ല അരിയും പലചേർക്ക് സാധനങ്ങളൊക്കെ തീർന്നു വാങ്ങിക്കാൻ കാശൂല്ല ശാന്തന് ശമ്പളം കിട്ടിയില്ലേ ശാന്തന് ശമ്പളം കിട്ടിയത് മുഴുവനും ചെലവായി ശമ്പളക്കാശു മാത്രല്ല അവന്റെ പേരിൽ ബാങ്കിൽ കിടന്നതും പേരെ നന്നാക്കാൻ വേണ്ടി വായ്പ എടുത്ത എല്ലാം പണ്ടോ അടങ്ങി നൂണ നൂണയല്ല ചോദനും മോളിയും തമ്മി പറയുന്നത് ഞാൻ വാതിലിന്റെ മറവിൽ നിന്നോണ്ട് കേട്ടതാ ഇത്രയധികം പണം എങ്ങനെ ചെലവായി എങ്ങനെയെന്ന് ചോദിച്ചാൽ അവള് റിയാലിറ്റിക്ക് എന്നും പറഞ്ഞ് എന്തെല്ലാം കലാപരിപാടികളാണ് പഠിച്ചോണ്ടിരുന്നത് പഠിപ്പിച്ചിരുന്നവർക്ക് ഓരോരുത്തർക്കും ദിവസം എത്ര രൂപ വെച്ചാ കൊടുത്തോണ്ടിരുന്നതെന്നോ ഡാൻസും പാട്ടും പഠിപ്പിക്കുന്നവർക്ക് അത്ര വല്യ ഫീസാണ് അത് മാത്രമല്ലല്ലോ കഥകളി ഓട്ടംതുള്ളൽ നാടകം കളി പിന്നെന്തൊരു കുന്ത്രാണ്ടല്ലോ ആമി അതെന്ത് എനിക്കറിയില്ല ഇപ്പൊ എന്ത് സംഭവിച്ചു എന്ത് സംഭവിച്ചു പഠിത്തം തീർന്നൂല്ല കാശ് തീരുകയും ചെയ്തു മോളി പഠിച്ചു കഴിഞ്ഞില്ലേ ഇല്ലെന്നവൾ ശാന്തനോട് പറയുന്നത് ഞാൻ വാതിലിന്റെ മറവില്ലെന്നുകൊണ്ട് കേട്ടു അല്ലെ അതെ പഠിത്തം പൂർത്തിയാകാത്തത് കൊണ്ട് മോളി റിയാലിറ്റി ഷോക്ക് പോകുന്ന കാര്യം നാമ കഷ്ടമായല്ലോ അവൾ ഇനി മറ്റുള്ളവരുടെ മുഖത്ത് നോക്കുന്ന എങ്ങനെ മുഖത്ത് നോക്കണ്ട മോളി റിയാലിറ്റി ഷോക്ക് പോകാൻ തയ്യാറെടുക്കുന്ന പൂരം ഈ നാട്ടിലുള്ള പലരും ഇതിലാ അറിഞ്ഞു കഴിഞ്ഞു പാട്ടായി ഇനി പോകാതിരുന്നാൽ നാണക്കേടാവില്ലേക്കേടാല്ലേ അത് നിങ്ങൾക്ക് എന്താ മനസ്സിയാ എനിക്കൊന്നുമില്ല പക്ഷെ അവൾ എങ്ങനെ നാട്ടിലിറങ്ങി നടക്കും ാട്ടിൽ നടക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ആ കാളി നാട് വിട്ടുപോട്ടെ നാട് വിട്ടുപോട്ടെ ആ അവള് വല്ല ആണുങ്ങളുടെയും കൂടെ അന്യ ഒളിച്ചോടി പോയാൽ ഈ കുടുംബം രക്ഷപ്പെടും നീ വല്ലവന്നെയും കൂടെ പോയാൽ ഞാൻ രക്ഷപ്പെട്ടേ അയ്യടാ ഞാൻ പോയിട്ട് നിങ്ങൾക്ക് ആ ഡാൻസുകാരത്തിടെ കൂടെ അങ്ങനെ വിലസണം അല്ലേ ആ പൂജ മനസ്സായിരിക്കട്ടെ ആ ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അത് നടക്കില്ല പണമില്ലേ ഇല്ലെന്ന് പലതവണ ഞാൻ നിന്നോട് പറഞ്ഞില്ലേ അപ്പോ ഞാനിനി ഡാൻസും പാട്ടും കഥകളിയും ഓട്ടം തുള്ളൽ നിന്നും പഠിക്കുന്ന പഠിച്ചൊരുത്തോളം മതി പോരാ പഠിത്തം പൂർത്തിയാകാതെ റിയാലിറ്റി ഷോക്ക് എങ്ങനെയാ പോവ പോകണ്ട പോകണ്ടെന്നോ എനിക്ക് പോണം പോയേ തീരൂ എങ്കി പോടി പക്ഷെ ഈ വകക്കിന് ഞാൻ പണം തരില്ല മോളി എടി മോളിയേ കേളന്നുറങ്ങാനും സംഭവിക്കില്ലല്ലോ എന്താടി പോത്തേ എരുമാ കരയുന്ന പോലെ കിടന്ന് കാറുന്നത് മോളിയോ ആ ആ കാളി എങ്ങോട്ടാ കെട്ടിയെടുത്തത് അവള് അവളുടെ വീട്ടിൽ പോയിരിക്കടെ അച്ഛനോട് റിയാലിറ്റിക്ക് പോകാനുള്ള ആവശ്യത്തിന് പണം ചോദിക്കാൻ കുറ്റമേ ഉള്ളൂ കിട്ടും പത്ത് പൈസ പോലെ ആ കള്ളൻ കൊട്ടിക്കില്ല രാഘവൻ ആരാധൻ രാഘവൻ മര്യാദ ഇല്ലാത്തവനല്ല അയാൾക്ക് മര്യാദയുണ്ട് ഓ മര്യാദ കൂടിപ്പോയത് കൊണ്ടായിരിക്കും മോളിക്ക് സ്ത്രീധനമായി കൊടുത്ത സ്വർണാഭരണങ്ങളെല്ലാം അവളുടെ അനീതിയുടെ കല്യാണത്തിൽ നിന്നും പറഞ്ഞ് രാഘവൻ മേടിച്ചോണ്ട് പോയത് അത് ആ പെണ്ണിന്റെ കല്യാണത്തിന് പണ്ടം വാങ്ങാൻ അപ്പൊ രാഘവന്റെ കയ്യിൽ പണമില്ലാതിരുന്നോണ്ടാ കാശുണ്ടാവുമ്പോ അയാള് വായിക്കൊണ്ടുപോയി അത്രയും സ്വർണം മോളിക്ക് കൊടുക്കും കൊടുക്കും മുളെ അച്ഛൻ പറയുന്നത് നീ ശ്രദ്ധിച്ചു കേൾക്കണം എന്താ അച്ഛൻ പറയാനുള്ളത് റിയാലിറ്റി ഷോയിൽ ആളുകൾ പങ്കെടുക്കുന്നതിൽ തെറ്റില്ല എന്നാൽ നീ പങ്കെടുക്കുന്നത് ശരിയല്ല കാരണം നിനക്കത് പറ്റില്ല എന്താ കാരണം അതിൽ വിജയിക്കണമെങ്കിൽ കലാവാസന ഉണ്ടായിരിക്കണം ഈ പറഞ്ഞത് നിനക്കില്ല ഇതെന്റെ മാത്ര അഭിപ്രായമല്ല പിന്നെ നിന്റെ അമ്മ ജീവിച്ചിരുന്നപ്പോ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് നിനക്ക് കലയിൽ ഒട്ടും തന്നെ താല്പര്യം അങ്ങനെയുള്ള നീ ടി വി നടത്തുന്ന റിയാലിറ്റി ഷോകളിൽ പങ്കെടുത്തത് ഒരു പ്രയോജനവും ഉണ്ടാവില്ല റിയാലിറ്റി ഷോക്ക് വിജയിക്കണമെങ്കിലേ കലാവാസന വേണമെന്നില്ലേ പിന്നെന്താ വേണ്ടത് എസ് എം എസ് അത് ഏറ്റവും കൂടുതൽ കിട്ടുന്ന മത്സരാർഥിക്ക് ഏറ്റവും ഉന്നത സ്ഥാനത്തെത്താം എസ് എം എസ് കിട്ടാത്ത ആൾ അത്ര വലിയ കലാകാരനാണെങ്കിലും ഉയരത്തിൽ എത്തിപ്പെടില്ല എസ് എം എസ് ആണ് കലയിൽ പ്രാവീണ്യം നിശ്ചയിക്കുന്നതിനുള്ള മാനദണ്ഡം എന്ന ധാരണ ശരിയല്ല ആ കാര്യത്തെ കുറിച്ച് നമ്മൾ തമ്മിൽ തർക്കിച്ചാൽ എവിടെയും എത്തില്ല അതുകൊണ്ടേ വാദപ്രതിവാദം വേണ്ട ഞാൻ ചോദിച്ച രൂപ തരാൻ പറ്റുമോ അച്ഛന് എന്റെ കയ്യിൽ ജോലി ചെയ്തിരുന്ന കമ്പനിയിൽ നിന്ന് പിരിഞ്ഞു പോന്നപ്പോ കിട്ടിയ രൂപയൊക്കെ എവിടെ അത് മുഴുവനും ചെലവായി പോയി ചിലവായി ജോലിയോ വരുമാനമോ ഇല്ലാത്ത ഞാൻ ഇത്രയും നാൾ ജീവിച്ചത് ആ പണം കൊണ്ടാണ് ഇനി കയ്യിൽ ഒന്നുമില്ല എന്നാലും അച്ഛൻ വിചാരിച്ചാൽ ഞാൻ ആവശ്യപ്പെട്ട രൂപ തരാൻ പറ്റും എങ്ങനെ ഈ വീടും ഇതിരിക്കുന്ന സ്ഥലവും പണയപ്പെടുത്തി കുറിച്ച് രൂപ ലോൺ എടുത്തൂടെ എടുത്താ മാത്രം പോരല്ലോ തിരിച്ചടക്കേം വേണ്ടേ വരുമാനമൊന്നുമില്ലാത്ത എനിക്ക് വായ്പയുടെ കടുക്കൾ അടയ്ക്കാൻ പറ്റില്ലല്ലോ എങ്കിൽ വിൽക്കൂ വിൽക്കണമെന്നോ ആ അച്ഛന് മാത്രം താമസിക്കാൻ ഇത്രയും സൗകര്യമുള്ള വീടെന്തിനാ വിൽക്കുന്നതാ നല്ലത് ആ വിൽക്കണമെന്നാണ് പക്ഷേ വിറ്റ് കിട്ടുന്നതിൽ നിന്നും നിനക്ക് റിയാലിറ്റി ഷോയ്ക്ക് പോകാൻ വേണ്ടി ഞാൻ പണം തരില്ല ഈ വീടും പറമ്പ ഞാൻ ചോര നീരാക്കുണ്ടാക്കിയതാ വസ്തു വിറ്റ് കിട്ടുന്ന കാശുകൊണ്ട് എന്തു ചെയ്യാനാ അച്ഛൻ തീരുമാനിച്ചിരിക്കുന്നത് എനിക്ക് താമസിക്കാൻ ചെറിയൊരു വീട് വാങ്ങിക്കണം ബാക്കി പണം കൊണ്ട് ചെറുതായിട്ട് എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങണം എന്തിനാ ബിസിനസ് തുടങ്ങുന്നത് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് എനിക്ക് ശേഷിച്ച കാലം ജീവിതം കഴിച്ചു കൂട്ടാൻ പറഞ്ഞ എനിക്ക് കാശ് തരാൻ പറ്റില്ലെന്നർത്ഥം അതല്ലേ എങ്കിലെ സ്വർണം അടക്കിത്ത നിന്റെ സ്വർണോ ആ വിവാഹത്തിന് എനിക്ക് ശ്രീധരമായി തന്ന മാലയും മളയും ഒക്കെ ഓ അതോ അത് ശ്രീദേവിക്ക് കൊടുത്തില്ലേ അവളോട് തിരിച്ചു വാങ്ങിത്താ വിട്ടോ പണയും വെച്ചോ ഞാൻ എന്റെ ആവശ്യം നടത്തിക്കൊള്ളാം അവൾക്ക് കൊടുത്ത സ്വർണം തിരിച്ചു വാങ്ങി തരാൻ പറ്റില്ല നിനക്ക് ഞാൻ വേറെ ആഭരണങ്ങൾ വാങ്ങിച്ചു തരാം എപ്പോ വസ്തു വിറ്റു പണം കിട്ടിയിട്ട് എന്നാൽ ഒന്ന് വേഗം വിൽക്കൂ മോളെ ധൃതി പിടിച്ച് വിൽക്കാൻ ശ്രമിച്ചാൽ ന്യായമായ വില കിട്ടില്ല കുറച്ച് സാവകാശം വേണ്ടിവരും ചോദിച്ച പണവും തരില്ല വാങ്ങിച്ച സ്വർണം തരില്ലെങ്കിലോ സ്വർണം ഞാൻ തരാമെന്ന് പറഞ്ഞല്ലോ വല്ല കാലത്ത് കിട്ടിയാൽ എനിക്ക് എന്റെ ആവശ്യം നടക്കാൻ പറ്റുമോ റിയാലിറ്റി ഷോയിൽ പങ്കെടുക്ക എന്നതാണല്ലോ ആവശ്യം അതെ അത് നടത്തണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട് നടത്തിക്കോളൂ പക്ഷേ അതിനുവേണ്ടി പണം മുടക്കരുത് മുടക്കിയാൽ എന്താ പാഴായി പോകും കാരണം മതി ഉപദേശിച്ച് ഞാൻ അവസാനായിട്ട് ചോദിക്ക എനിക്ക് രൂപ തരാൻ പറ്റുമോ നിവർത്തിയില്ലെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ എങ്കിൽ എന്നോട് സ്വർണ്ണാഭരണങ്ങൾ തൽക്കാലം അതിനൊന്നും ഇങ്ങനെ ഒന്നും നിവർത്തിയില്ലെന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കാന്ന് ഞാൻ പലരോടും പറഞ്ഞുപോയി അതുകൊണ്ടെന്താ പോകാതിന്നാളക്കേടല്ലേ സാരമില്ല അച്ഛന് സാരമില്ലായിരിക്കാം പക്ഷെ എനിക്ക് അങ്ങനെ വിചാരിക്കാൻ പറ്റില്ല തന്നെയല്ല ഓഡിഷന് തയ്യാറെടുക്കാൻ വേണ്ടി ും കഥകളിയും കൊറേ പഠിക്കുകയും ചെയ്തു രൂപ എത്രയാണെന്ന് അതിനു വേണ്ടി ഞാൻ പറഞ്ഞില്ലല്ലോ ചെലവാക്കാൻ മോളെ കലാപരമായ കഴിവുള്ളവർ ഇത്തരം കാര്യങ്ങൾക്ക് പണം ചെലവാക്കേണ്ട ആവശ്യമില്ല അല്ലാതെ തന്നെ ഓഡീഷനിൽ പങ്കെടുത്ത് സെലക്ഷൻ വാങ്ങിക്കാൻ കഴിയും നന്നായി പെർഫോം ചെയ്ത് ഒന്നാം സ്ഥാനത്ത് എത്താൻ സാധിക്കും അല്ലാതെ മതി പറഞ്ഞത് കേട്ട് ചെവി മരുവിച്ചു ഇനിയെങ്കിലും ആരോടാ നീ സംസാരിക്കുന്ന ഓർമ്മ വേണം ഞാൻ എന്റെ അച്ഛനാ റിയാലിറ്റി ഷോയ്ക്ക് പോകാൻ പണം വേണമെന്ന് ആവർത്തിച്ച് ആവശ്യപ്പെട്ടതല്ലാതെ ജോലിയോ വരുമാനമോ ഇല്ലാത്ത ഞാൻ എങ്ങനെ കഴിയുന്നെന്ന് നീ അന്വേഷിച്ചു എനിക്കത് അറേണ്ട കാര്യമൊന്നുമില്ല നിനക്ക് സ്വന്തം കാര്യം നടന്നാൽ മതിയല്ലോ അച്ഛനോട് സ്നേഹമില്ലാത്തവളായി പോയില്ലോ മോളേ നീ അച്ഛനും മകളോട് എത്രത്തോളം സ്നേഹമുണ്ടെന്ന് എനിക്കിപ്പോ മനസിലായി എനിക്കൊരു ആവശ്യം വന്നപ്പോ നടത്തി തരുന്നതിന് പകരം എന്നെ അതിൽ നിന്നും പിന്തിരിപ്പിക്കാനല്ലേ അച്ഛൻ ശ്രമിച്ചത് എനിക്കിനി അങ്ങനെ ഒരു അച്ഛനെ കാണണമെന്നില്ല ഞാൻ പോണു മോളിയെ അച്ഛന്റെ അടുത്ത് പോയിട്ട് കാശ് കിട്ടിയോ കിട്ടി ഞാൻ അപ്പഴേ പറഞ്ഞില്ലേ ആ കള്ളം കൊടുക്കില്ലെന്ന് രാഘവൻ ഒന്നും കൊടുത്തില്ല കൊടുത്തില്ല ഡാൻസ് പഠിക്കാനുള്ള പണമെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ ആതിരയ്ക്ക് കൊടുക്കാമായിരുന്നു കാശ് കൊടുത്താൽ ആതിരെ മുടങ്ങാതെ വന്ന് പഠിപ്പിച്ചാൽ നന്നായി കാശ് കിട്ടാതിരുന്നത് നന്നായി അതെ ഡാൻസ് പഠിപ്പിക്കാൻ വേണ്ടി ോ കാശ് കൊടുത്തില്ലെങ്കിലും ചെലപ്പോ ആതിര വന്ന് മോളിയെ ഡാൻസ് പഠിപ്പിച്ചു അവള് വരാൻ പോണില്ല ആ അവളല്ലേ പടി കടന്നു വരുന്നത് ആ അതെ ആതിരെ തന്നെ ഞാൻ പറഞ്ഞില്ലേ കാശ് കിട്ടിയില്ലെങ്കിലും ആതിരെ പഠിപ്പിക്കുമെന്ന് ഇപ്പോ എങ്ങനെ ഇരിക്കുന്നു നിങ്ങൾ അവിടുത്തെ പോകും ഞാൻ ഇവിടെ നിന്നാലെന്താ നിൽക്കണ്ട അകത്ത് പോയി കിടന്നുറങ്ങി ഉറക്കം വരൂല്ല എന്നാൽ വെറുതെ അത് വേണോ പോകുന്നുണ്ടോ അകത്ത് ആ പോകാം മോളിയുണ്ടോ ഇവിടെ ഇല്ല പുറത്തു പോയിരിക്കാം എപ്പോ തിരിച്ചു വരും അറിഞ്ഞൂടാ ശരി വരന്തു വരെ ഇരുന്നതുകൊണ്ട് ഫലം അവള് ഡാൻസ് പഠിച്ച നിർത്തി ഞാൻ വന്നത് മോളിയെ ഡാൻസ് പഠിപ്പിക്കാനല്ല പിന്നെ എന്തിനാണ് എനിക്ക് കിട്ടാനുള്ള രൂപ വാങ്ങിക്കാൻ വേണ്ടിയാണ് രൂപയാ ക്ലാസ് എടുത്ത വകയിൽ പണം തരാൻ ബാക്കിയുണ്ട് അതിനുള്ള കൂലി അപ്പഴേ വന്നിട്ടില്ലേ കൂലിയല്ല ഫീസ് മൂന്ന് തവണത്തെ ഫീസ് കിട്ടാനുണ്ട് ഫീസായാലും കൂലിയായാലും ഒന്നു തന്നെയല്ലേ അല്ല കൂലിപ്പണിക്കാണ് കൂലി ഇത് പിന്നെ അത് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല കാരണം നൃത്തം ഒരു കലയാണ് ുള്ളി താടലും കുണുങ്ങി കുടിക്കും നടക്കലും അല്ലേ നിന്റെ നൃത്തം ഞാനൊരു ആർട്ടിസ്റ്റാണ് എന്റെ പ്രൊഫഷണൽ തൊട്ട് കളിക്കരുത് ആര് തൊടുന്നു നിന്റെ പ്രൊഫഷണില് യു ഫൂൾ വിവരമില്ലാത്ത കൺട്രി നിന്നെ ഞാൻ കെടുന്ന തുള്ളതെ തള്ളേ അടങ്ങി നിൽക്ക് ഇല്ലെങ്കിൽ ഞാൻ എന്റെ കയ്യോട് തല്ലു ഞാൻ വന്നത് എനിക്ക് കിട്ടാനുള്ള പണം വാങ്ങിക്കാനാ തരാൻ മനസ്സില്ല നീ നിന്റെ പാട്ടിനു പോ രൂപ തരാതെ ഞാൻ പോവില്ല എന്നാൽ അവിടെ കുത്തിയിരുന്നു എനിക്ക് അറിക്കളെ പണിയുണ്ട് അല്ല ഇതാര്യോ ചേട്ടനകത്തുണ്ടായിരുന്നു എന്നിട്ടെന്താ ഇത്രയും നേരം ഉമ്മറത്തേക്ക് വരാതിരുന്നത് ദേവകി ഇവിടെ ഉണ്ടായിരുന്നു ഇരിക്കാനൊന്നും നേരമില്ല എനിക്ക് ഉടനെ പോകണം ഞാനൊരു അത്യാവശ്യ കാര്യത്തിന് വന്നതാണ് കാര്യം എന്താണ് എനിക്ക് കുറച്ച് രൂപ വേണം അത്രേ ഉള്ളു അത്രയുള്ളൂ അതെ എത്ര രൂപയാണോ ആയിരം ഡാൻസ് ക്ലാസ് എടുത്ത ഫീസാണ് ചേട്ടൻ തരുമല്ലോ ഇല്ല ഏ തരില്ലേ അതെന്താ എന്റെ കയ്യിൽ അത്രയും പണം ഉണ്ടായിട്ട് വേണ്ടേ തരാൻ എങ്കിൽ അഞ്ഞൂറെങ്കിലും തരൂ നിവർത്തിയില്ല ഇരുന്നൂറ്റി അമ്പത് ഇല്ല നൂറെങ്കിലും ഉണ്ടാവില്ല പിന്നെ എത്രയുണ്ട് ചാട്ടിന്റെ പക്കരി പത്ത് രൂപ പോലുമില്ല പത്ത് രൂപയ്ക്ക് പോലും വാങ്ങില്ലെന്നോ അതെ കാശല്ലാതെ വേറെ എന്തു വേണമെങ്കിലും ഞാൻ തരാം വേറെ എന്തെങ്കിലും ആദരിക്കെന്താണ് വേണ്ടത് പല്ലിടിച്ചുകൊണ്ടുള്ള നിൽപ്പ് കണ്ടില്ലേ വായടക്കി കിളവാളവനെന്നോ അപ്പൂപ്പൻ താടി പോലെ നരച്ച തലമുടിയുള്ള നിങ്ങൾ കിളവനല്ലാതെ ചെറുപ്പക്കാരനാണോ പൊളിച്ചോണ്ട് നിൽക്കാതെ പോയിരുന്നു നാമം ജപിക്കി നാമം ജപിക്കാൻ ആ ആയുസിന്റെ ആറുമണി കഴിഞ്ഞിരിക്കെയല്ലേ ആത്മാവിനും മോക്ഷം കിട്ടട്ടെ പോവുവാണോ ഇവിടെ ഇരിക്കുന്നേ പണം കിട്ടാൻ മാർഗമില്ലെങ്കിൽ ഇവിടെ ഇരുന്നിട്ട് എന്തിനാണ് ഞാൻ പോവുന്നു കഷ്ടമായി പോയി എന്ത് എന്താ കഷ്ടമായി എന്ന് പറഞ്ഞത് ഒന്നുമില്ല ഓ നോക്കി നിന്ന് വെള്ളമറക്കാതെ പോയി കിടന്നു മനുഷ്യ മോളിച്ചേച്ചി ചേച്ചി ഇല്ല ഇവിടെ ആരാ ഞാനാണ് കൊച്ചപ്പൻ എന്താ കൊച്ചപ്പ നീ എന്തിനാ വന്നത് മോളിച്ചേച്ചി കണ്ടിട്ടൊരു കാര്യം ഉണ്ടായിരുന്നു അവള് മുറിക്കകത്ത് എടുക്കുവാണല്ലോ എഴുന്നേറ്റ് വരാൻ പറയൂ എന്തിനാ പറഞ്ഞില്ലേ കാര്യമുണ്ടെന്ന് അത്യാവശ്യമാണ് എന്താണ് ഇത്ര അത്യാവശ്യം ഒരു ചാനലുകാർ റിയാലിറ്റി ഷോക്ക് ഓഡീഷൻ നടത്താൻ പോകുന്നുണ്ട് അതിന് ഓഡിഷന് മുമ്പ് മോളിച്ചേച്ചി പുതിയ ചില ഐറ്റംസ് കൂടി പഠിക്കേണ്ടി വരും പഠിപ്പിക്കാനുള്ളവരെ ഞാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട് അവർക്ക് അഡ്വാൻസ് കൊടുക്കാൻ രൂപ ഇല്ല ഏ ഈ വഴയ്ക്ക് പണം തരാൻ പറ്റില്ല ദേവു ചേച്ചി തരണമെന്നില്ല മോളിച്ചേച്ചി ഒരു ചേച്ചിയും തരൂല്ല അങ്ങനെ പറഞ്ഞാലെങ്ങനെയാ ശരിയാവുന്നത് ഓഡീഷൻ പേരെ നന്നാക്കാൻ കാശില്ലാതെ വിഷമിച്ചിരിക്കുമ്പോഴോ അവന്റെ ഒരു ഓഡീഷനും റിയാലിറ്റി ഷോയിൽ സെലക്ഷൻ കിട്ടണമെങ്കിൽ മോളിച്ചേച്ചിയെ ഓഡീഷൻ സജ്ജമാക്കണം വേണ്ട ആയിടത്തോളം മതി ഇനി ആക്കണ്ട അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ ശരിയാവുന്നത് മോളിച്ചേച്ചിയെ പുതിയ ഐറ്റംസ് പഠിപ്പിക്കാൻ ഏർപ്പാട് നടത്തിയവരോട് ഞാനിനി എന്താ പറയേണ്ടത് ഒന്നും പറയണ്ട അങ്ങനെ ഒന്നും പറയാതിരുന്നാൽ എങ്ങനെയാ ശരിയാവുന്നത് എന്നാൽ എന്തെങ്കിലും പറഞ്ഞോ ഇതൊരു ഏർപ്പാടാണ് ി ഒരു കാര്യം മനസ്സിലാക്കണം വേണ്ട ഇത്രയും കാലം ഈ ഭൂമിയിൽ ജീവിച്ച് പലതും മനസിലാക്കി ഇനി എനിക്കൊന്നും മനസ്സിലാക്കണമെന്നില്ല അങ്ങനെയല്ല എങ്ങനെയല്ലെന്ന് നീനെന്റെ പാട്ടിൽ പോകുന്നുണ്ടോ ഞാൻ അങ്ങനെ പോയാലോ പോയാൽ പോകാം അല്ലാതെന്താ പോകുന്നതിന് മുമ്പ് എനിക്ക് മോളിയ ചേച്ചിയെ ഒന്ന് കാണണം അവളെ മുഖം കാണിച്ചത് കൊണ്ട് അതെന്താ അവളുടെ കയ്യിൽ കാശില്ല മോളിച്ചേച്ചിയുടെ ഭർത്താവിന്റെ പക്കലുണ്ടാവില്ലേ ഇവിടെ ആരുടെയും കയ്യിൽ പണമില്ല എന്ത് വഴി നമ്മുടെ കൃഷ്ണൻകുട്ടിച്ചേട്ടിന്റെ കൈവശം പൂത്ത പണമുണ്ട് ദ്രവ ചേച്ചി അങ്ങേരൊക്കെ ചോദിച്ചാൽ അവൻറെ അപ്പോ ഓഡിഷൻ നിന്നോട് പോകാനാ പറഞ്ഞത് ആ ഞാൻ പോയിക്കൊള്ളാം മേലാൽ ഈ കാര്യം പറഞ്ഞുകൊണ്ട് ഇവിടെ വന്നാലും നിന്റെ കാലു ഞാൻ തയ്ക്കി ഓടിക്കും ആരാ ഇവിടെ വന്നിട്ട് പോയത് ആ കൊച്ചപ്പനോ കൊച്ചിൻ കൊച്ചപ്പനോ ആ അവൻ തന്നെ കൃഷ്ണൻകുട്ടിയുടെ കാര്യം വല്ലതും പറഞ്ഞു അവൻ പറഞ്ഞു എന്താ പറഞ്ഞത് അയാൾ ചട്ടുപോയിന്ന് എന്തിനാ ദൈവത്തിനെ വിളിച്ചത് മനുഷ്യൻ മരിച്ചെന്ത് കേട്ടാൽ ദൈവത്തിനെ അല്ലാതെ വിളിക്കേണ്ടത് എന്തിനാണീ ഇങ്ങനെ കരഞ്ഞപടിക്കറിയുന്നത് നിന്റെ ആരെങ്കിലും ചത്തോ ആരെങ്കിലും മരിച്ചാ മാത്രമേ കറിയാൻ പാടുള്ളു പിന്നെ എന്തിനാ നീക്കുന്നതെന്ന് എന്താ പട്ടിയാണോ പട്ടിയല്ല കുട്ടിയാണ് വെറും കുട്ടി അതുകൊണ്ടാണ് കാര്യമില്ലാതെ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നത് കാര്യമില്ല തക്കതായ കാരണുണ്ടായിട്ട് തന്നെയാണ് ഞാൻ കരയണത് എന്നാൽ എനിക്ക് തോന്നുന്നുണ്ട് നിനക്കങ്ങനെ പലതും തോന്നും എന്റെ കൂട്ടുകാരികളോട് എല്ലാം ഞാൻ പറഞ്ഞു റിയാലിറ്റി ഷോക്ക് പോകുന്നുണ്ടെന്ന് ഇനി അതുകൊണ്ട് പോകാതിരിക്കാൻ പറ്റില്ല എങ്കി നീ പോയിക്കോ വെറുതെ പോയാകാൻ പറ്റില്ല കുറെ കലാപരിപാടികളും കൂടി പഠിച്ചിട്ട് വേണം പോകാൻ നല്ല സെലക്ഷൻ കിട്ടുള്ളു ഇനി നിന്നെ കലാപരിപാടികൾ പഠിപ്പിക്കാൻ വേണ്ടി ചിലവാക്കാൻ എന്റെ കൈയിൽ പണമില്ല ഉണ്ടായിരുന്നതും കട വാങ്ങിച്ചതും നിന്റെ വാക്കുകേട്ട് ഞാൻ തൊലച്ചു അത് മാത്രമല്ല കമ്പനി കൊറേ പണവും ഈ കാര്യത്തിനു വേണ്ടി എടുത്തു കമ്പനിയിൽ നിന്ന് എടുത്തോ ആരും അറിയാതെ എടുത്തത് ഉടനെ ആ പണം ക്യാഷ് ബോക്സിൽ വെച്ചില്ലെങ്കിൽ പ്രശ്നവും എന്ത് പ്രശ്നം ക്യാഷിൽ കുറവുള്ള കാര്യം മാനേജർ കണ്ടുപിടിച്ച പോലീസിന് വിവരറിയിക്കും പണം തിരിമറി നടത്തിയതിന് പോലീസ് എന്റെ പേരിൽ കേസ് ചാർജുകയും ചെയ്യും അങ്ങനെ ഒന്നും സംഭവിക്കില്ല ശാന്തായിട്ടിരിക്കേ എങ്ങനെ ധൈര്യമായിട്ടിരിക്കാനാണ് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല ഏതു നേരത്താണ് മാനേജർ കാഷ് ബാലൻസ് ചെക്ക് ചെയ്യുന്നത് ആർക്കറിയാം കള്ളത്തരം കണ്ടുപിടിക്കപ്പെട്ട ഞാൻ അഴിമണിയേണ്ടി വരും ഇല്ലന്നെ പേടിക്കാതിരിക്കൂ പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ എന്താണ് ഏതായാലും കമ്പനി പണം എടുത്തില്ലേ ഞാൻ വിഷമിക്കുമ്പോ പറയുന്നു കേട്ടില്ലേ വീണ്ടും എടുക്കാൻ ശാന്തേട്ടൻ ധൈര്യമായി എടുത്തോളൂ തിരിച്ചു വെക്കാമെന്നേ ഇങ്ങനെ റിയാലിറ്റി ഷോക്ക് സമ്മാനമായി കിട്ടുന്ന വില്ലയായാലും ഫ്ലാറ്റായാലും നമുക്ക് വിൽക്കാം കിട്ടുന്ന തുകയിൽ നിന്ന് കമ്പനിയിൽ നിന്ന് എടുത്ത പണം തിരിച്ചു വെച്ചാൽ പോരെ ഹോ നിന്നോട് ഞാൻ എന്താ പറയണ്ടത് ശാന്തനൊന്നും പറയണ്ട ഞാൻ പറഞ്ഞതുപോലെ ചെയ്താ മതി പറ്റില്ല ഇനി കമ്പനി പണം ഞാൻ എടുക്കില്ല പണം എനിക്ക് റിയാലിറ്റി ഷോയ്ക്ക് പോവാൻ സാധിക്കില്ല നീ ഒരു ഷോക്കും പോകണ്ട അവളുടെ ഒരു റിയാലിറ്റി ഷോ മണ്ണാം കട്ട റിയാലിറ്റി ഷോക്ക് പോകാൻ കഴിഞ്ഞില്ലെങ്കിൽ നീ മരിച്ചു പോകും ആ മരിക്കും പിന്നെ വിഷം ഞാൻ മരിക്കും വിഷം പാഷാണോ ഒന്നും കഴിക്കാതെ തന്നെ ചത്തോളും നീ മാത്രല്ല ഈ വീട്ടിലുള്ള എല്ലാവരും ചാവും എങ്ങനെ പേരെ ഇടിഞ്ഞു വീഴാറായിട്ടുണ്ട് രാത്രിയിൽ ഉറങ്ങിക്കിടക്കുമ്പോൾ ആ വീഴുന്നതെങ്കിൽ അതോടെ തീരും എല്ലാത്തിന്റെയും കഥ ഭഗവതി അതിനിട വരുന്നതിന് മുമ്പ് എന്നെ മുകളിലേക്ക് വിളിച്ചേക്കണേ മോളി ആഹാരം വല്ലതും കഴിച്ചോ ചെന്ന് അന്വേഷിക്കു അവളിപ്പോഴും കിടക്കുവാണോ കിടക്കുകയാണോ ചെന്ന് നോക്ക് റിയാലിറ്റി ഷോക്ക് പോകാൻ പറ്റാത്തതിൽ അവൾക്ക് വല്ലാത്ത വിഷമുണ്ട് പാവത്തിനങ്ങനെ ഒരു വിഷമം വന്നതിൽ എനിക്കും ഉണ്ട് വിഷമം ഞങ്ങൾക്ക് വിഷമം അല്ലേ എനിക്ക് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല ഉറക്കം എനിക്കും കൊറവാ പകല് മാത്രമല്ല രാത്രിയിലും ഒരുപോലെ കണ്ണടക്കാൻ പറ്റുന്നില്ല അത് വീട് നന്നാക്കാത്തത് കൊണ്ടല്ല ഡാൻസ്കാരിയെ കാണാൻ പറ്റാത്ത പ്രയാസം കൊണ്ടോ സത്യത്തിന് നിരക്കാത്ത പറയല്ലേ ദേവകി ആദിനെ കുറിച്ച് ഞാൻ ഓർക്കാറേയില്ല എന്നിട്ടാണോ പല രാത്രികളിലും ഉറക്കത്തിൽ അവളുടെ പേര് പറയണത് അത് നല്ല സ്വപ്നവും കാണുമ്പോ അറിയാതെ പറഞ്ഞു പോകുന്നതായിരിക്കും നിങ്ങൾക്ക് നാണമില്ലേ മനുഷ്യ അവളെ സ്വപ്നം കാണാൻ റിയാലിറ്റി ഷോയ്ക്ക് പോകുന്നത് സ്വപ്നം കണ്ട് നടന്നവളിപ്പോ കിടന്നു കിടപ്പിൽ നിന്ന് എഴുന്നേൽക്കാതായി കിടന്നപടി കിടന്നാൽ മോളിക്ക് വല്ല രോഗം പിടിപെട്ടാലോ രോഗം പിടിച്ചാ മരിക്കും അല്ലാതെന്താ ഇങ്ങനെ കണ്ണിൽ ചോരയില്ലാതെ വർത്തമാനം പറയാതെ ദേവകി റിയാലിറ്റി ഷോക്ക് പോകാൻ നടക്കുന്നു ഒരു കാലത്ത് അവൾക്ക് അതിന് പോവാൻ സാധിക്കില്ല എന്തു തീർത്തു പറയരുത് മനുഷ്യന്റെ കാര്യമല്ലേ ചെലപ്പോ സാധിച്ചാലോ സാധിക്കില്ലെന്ന് അവൾ അതിന് പോയാൽ കാക്ക മലർന്നു പറക്കും പഠിക്കൽ ഒരു ഓട്ടോക്ഷ വന്നു നിന്നല്ലോ ക്ഷയിൽ നിന്നും ഇറങ്ങിയത് അത് ആതിന് നിരവാതിരി ഒന്നും അല്ല ആ കുള്ളനാ ഏത് കള്ളനെ മോളിയുടെ അച്ഛൻ ഓ രാഘവനോ ആ അയാൾ എന്തിനാണ് ഇപ്പൊ ഇങ്ങോട്ട് കെട്ടിയെടുത്തത് എന്തിനെങ്കിലും ആയിക്കോട്ടെ നീ മോളിയോട് അവളുടെ അച്ഛൻ വന്നൊന്നും പറ എനിക്ക് പറ്റില്ല നിങ്ങൾ പറ എന്തു നല്ല അനുസരണയുള്ള ഭാര്യ അച്ഛ എന്തിനാ വന്നത് നിന്നെ ഒന്ന് കാണാൻ എന്തിന് എന്താ ഞാൻ കണ്ടിട്ട് മോളെ നമ്മുടെ വീട് സ്ഥലവും വിറ്റു ഏ വിറ്റോ എന്നിട്ട് കിട്ടിയ പണം എന്തു ചെയ്തു അതിൽ നിന്നും കുറച്ച് രൂപ എടുത്ത് നിനക്ക് ആഭരണങ്ങൾ വാങ്ങിച്ചു ശേഷിച്ച തുകയിൽ പകുതി ശ്രീദേവിക്ക് കൊടുത്തു ബാക്കിയോ ബാക്കി മുഴുവൻ പണവും ഈ ബ്രീഫ് കേസിലുണ്ട് നിനക്ക് വേണ്ടി വാങ്ങിയ ആഭരണങ്ങളും ബാക്കി പണം മുഴുവൻ എനിക്ക് തന്നാൽ അച്ഛൻ താമസിക്കാൻ ഒരു വീട് വാങ്ങണ്ടേ അതിനെന്ത് ചെയ്യും ഓഹ് എനിക്കിനി വീട് വേണ്ട വീടില്ലാതെ അച്ഛൻ എവിടെ കഴിയും വീടുണ്ടായാലും വരുമാനമില്ലാതെ ജീവിക്കാൻ സാധിക്കില്ലല്ലോ അതുകൊണ്ട് ഞാൻ സേവാസദനം നടത്തുന്ന അനാഥാലയത്തിൽ കഴിയാൻ തീരുമാനിച്ചു ഏ അനാഥാലയത്തിലോ എനിക്കവിടെ വാച്ച്മാനായി ജോലി തലപ്പെട്ടു അവിടെ തന്തേവാസികളോടൊപ്പം താമസിച്ചുകൊള്ളാൻ അനുവാദവും കിട്ടിയിട്ടുണ്ട് മരണം വരെ ഞാനിവിടെ കഴിഞ്ഞോളാം അച്ഛൻ വന്നിട്ടൊന്നും കഴിച്ചില്ലല്ലോ ഇരിക്കൂ കുടിക്കാൻ എന്തെങ്കിലും എനിക്കൊന്നും വേണ്ട മോളെ ഞാൻ ഇറങ്ങുന്നു കഴിക്കാതെയാണ് പോയത് എന്തെങ്കിലും കഴിക്കുന്നു പറഞ്ഞു മോളി കുറെ നിർബന്ധിച്ചു ഒരു ഗ്ലാസ് ചായെങ്കിലും കുടിക്കെന്ന് ഞാനും പറഞ്ഞു നോക്കി പക്ഷെ രാഘവൻ ഒന്നും കഴിച്ചില്ല മോളിക്ക് സ്ത്രീധനായി കൊടുത്ത പൊന്നും മുഴുവനും തിരിച്ചു മേടിച്ചോണ്ട് പോയ കള്ള പാവ വാങ്ങിക്കൊണ്ടു പോയതിനേക്കാൾ കൂടുതൽ സ്വർണാഭരണങ്ങൾ രാഘവൻ അവൾക്ക് വാങ്ങിക്കൊണ്ടു വന്നു കൊടുത്തു നേരാണോ നിങ്ങൾ പറയണത് അതേടി അത് മാത്രമല്ല വീടും പറമ്പും വിറ്റുകിട്ടിയതിൽ നിന്ന് ലക്ഷക്കണക്കിന് ഉറപ്പി മോളിക്ക് കൊടുത്തു ഇനി കാക്കം മലർന്നു പറക്കുന്നത് നിനക്ക് കാണാം അതെങ്ങനെ എങ്ങനെയെന്നോ നീയല്ലേ പറഞ്ഞത് മോളി റിയാലിറ്റി ഷോയ്ക്ക് പോയാൽ കാക്ക മലർന്നു പറക്കുമെന്ന് അവൾ പോവടി പോവും രൂപ എത്രയാണെന്നു ദിവസവും അവൾ ചെലവാക്കുന്നത് ചെലവാക്കട്ടടി ഒരു നല്ല കാര്യത്തിന് വേണ്ടിയല്ലേ പോയത് കൊണ്ട് മാത്രമായില്ലോ സമ്മാനം കിട്ടണ്ടേ കിട്ടുവടി എന്ത് നശിച്ച കരച്ചില് എടി മോളി എന്തോ മതി കരഞ്ഞത് നിർത്ത് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ശാന്തേട്ട വളരെയേറെ പ്രതീക്ഷയോടെയാണ് റിയാലിറ്റി ഷോയില് പോയത് മത്സരാർത്ഥി ആയിട്ട് പോലും സെലക്ഷൻ കിട്ടാതെ ആദ്യ റൌണ്ടിൽ തന്നെ ഞാൻ ആയി പോയില്ലേ അത് ഓർത്ത് വിലപിച്ചതുകൊണ്ട് എന്താ ഞാൻ പിന്നെ എന്തു ചെയ്യണം നീ എന്തെങ്കിലും പോയിട്ട് പോയ പോലെ ഇങ്ങ് തിരിച്ചു വന്നല്ലോ പേടക്കാതിടി വെടക്കോഴി അടങ്ങി നിൽക്കാലിറ്റി ഷോ ഇനിയുണ്ട് വേറൊരു ടി മറ്റൊരു ഷോക്ക് മത്സരം നടത്തുന്നുണ്ട് മോളി അതിനു പോയാൽ ഞാൻ പോവില്ല അച്ഛ ആ റിയാലിറ്റി ഷോക്ക് പങ്കെടുക്കാൻ പോവില്ല എന്താ കാരണം പണമില്ലേ ഉണ്ട് എന്റെ അച്ഛൻ തന്നതില് പകുതിയിലധികം രൂപ ബാക്കിയുണ്ട് എങ്കി പോണം മോളെ പുതിയ രണ്ടു മൂന്ന് കലാപരിപാടികളും കൂടെ പഠിച്ചിട്ട് പോയാ ഗുണമുണ്ടാവുമെന്ന് കൊച്ചപ്പം പറഞ്ഞല്ലോ ഇല്ല എന്നെ പോലെ കലാവാസനയില്ലാത്തവർ ഇത്തരം കാര്യങ്ങൾക്കൊക്കെ പോയ ഒരു പ്രയോജനം ഉണ്ടാവില്ലെന്ന് എനിക്കും മനസിലായി അങ്ങനെയോ എന്റെ അച്ഛൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കിടപ്പാടം ഇട്ടുകിട്ടിയും നല്ലൊരു തുക പ്രശസ്തിയും സമ്മാനവും കിട്ടുമെന്ന അതിമോഹം മൂലം ിയാലിറ്റി ഷോയ്ക്ക് പോകാൻ വേണ്ടി ചിലവാക്കിയത് തെറ്റായി പോയിന്ന് എനിക്ക് മനസ്സിലായി ഇനി ബാക്കിയുള്ളതിൽ നിന്നും ഒരു ചില്ലി കാശ് പോലും ഞാൻ ഇത്ര കാര്യത്തിന് വേണ്ടി ഇനി വിനിയോഗിക്കില്ല പിന്നെ ആ പണം കൊണ്ട് എന്ത് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് ശാന്തേട്ടൻ കമ്പനിയിൽ നിന്നെടുത്ത പണവും ബാങ്കിൽ നിന്നും വാങ്ങിച്ച വായ്പയും തിരിച്ചടയ്ക്കണം പിന്നെ ഈ വേടിന്റെ കേടുപാടുകൾ തീർക്കണം ഇപ്പോഴെങ്കിലും നല്ല ബുദ്ധി തോന്നിച്ചതിന് ദൈവത്തിന് നന്ദി റിയാലിറ്റി ഷോ മരട് രഘുനാഥ് എഴുതിയ നാടകം സമാപിക്കുന്നു കഥാപാത്രങ്ങളും പങ്കെടുത്തവരും ശ്രാങ്ക് എം ചന്ദ്രശേഖരൻ ദേവകി ലീല കുളപ്പുള്ളി ശാന്തൻ എം എം അബ്ദുൾ റസാഖ് മോളി പി എം സൈനബ രാഘവൻ മോഹൻ പോഴത്ത് കൊച്ചപ്പൻ പി ജെ സെബാസ്റ്റ്യൻ സംവിധാനം ഉമാ ബാലൻ അവതരണം ആകാശവാണി തൃശൂർ നിലയം